कौमार भागवतानिह कौमर आचरे प्रज्ञा धर्मा भागवता गुरकुला अरुणपाशंको बंधी वच അപ്പോ ഗുരുത്യാ തദ്രുണപാശൈഹി തമരുണത് ഗുരോശ്ച അസാന്നിധ്യേ ഈ ചണ്ടാമൃക്കന്മാരവിടെ ഇല്ലാത്ത സമയം നോക്കി കുട്ടികളൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലസ്താവത് ക്രീഡാസക്ത കുട്ടികളുടെ സ്വഭാവം എന്താ പ്രഹ്ലാദൻ വിളിച്ചു അവരെ കുട്ടികളെയൊക്കെ അടുത്തു വിളിച്ചു എന്നിട്ട് കുട്ടികളോട് പ്രഹ്ലാദനെ കുട്ടികൾക്കൊക്കെ അല്ലാണ് കുട്ടികളെയൊക്കെ അടുത്തു വിളിച്ചു ബാലാഹ എന്ന ദൂഷിതധിയഹ അവരുടെ ബുദ്ധി ഇനി കേടുവന്നിട്ടില്ല ശ്രണുതോ സർവത ശിവംഭഗമേ ശൃണു തട്ടികളെ കേൾക്കാം ഞാൻ പറയണത് ബചോവസ്വത ശിവം വാക്കുകൾ നിങ്ങളുടെ ഹിതത്തിനായി കൊണ്ടുപോകണം മംഗളം വരാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് എന്റെ കൂട്ടുകാരെ മരിച്ചവരെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കുക എത്ര പേര് സംസാരത്തിൽ ജീവിച്ച അനേക ദുഃഖങ്ങൾ ദുഃഖം ദുഃഖിച്ച് അനുച്ച് മരിച്ചു പോവും നമ്മളും അതുപോലെ ഈ സംസാരത്തിൽ കളിച്ച് യമന്റെ വലയിൽ കുടുങ്ങരുത് ലോകത്തിലുള്ള സകല വസ്തുക്കളും അവരവർക്ക് വേണ്ടിയാണ് പ്രിയപരമായിട്ട് തീരുന്നത് വാസ്തവത്തിൽ അവനവൻ എന്താണെന്ന് കണ്ടെത്തി ആ പരമപ്രിയത്തിനാസ്പദമായ വസ്തുവിനെ കണ്ടെത്തണം ഏ ഗുരുക്കന്മാർ അങ്ങനെയൊന്നും അല്ലല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത് ഗുരുക്തമ പിന് ഗ്രാഹ്യം ഏത് അനർത്ഥയെ അർത്ഥ കൽപ്പണം അനർത്ഥമായിട്ടുള്ളതിനെ അർത്ഥമെന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ ഗുരു പഠിപ്പിച്ചാലും കേൾക്കും അർത്ഥമെന്താണ് ഈശ്വരൻ മാത്രമാണ് അർത്ഥം ബാക്കിയുള്ളതൊക്കെ അനർത്ഥം ഈശ്വരനെ മാറ്റി നിർത്തിയാൽ സർവവസ്തുക്കളും അനർത്ഥം അതാണ് ആചാര്യസ്വാമികൾ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോന്ദം ഭജ മൂഢമത്തെ കാശിയില് ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആചാര്യര് അന്ന് ശങ്കരന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് അപ്പോഴാണ് ഒരു പാഠശാലയിൽ വൃദ്ധൻ തൊണ്ണൂറ് വയസ്സായ ഒരാള് ഡുക്രിഞ്ഞ് കരണേ ഡബുചഷ്പാകെ തനുവിസ്താരെ വ്യാകരണ ശാസ്ത്രം എൺപത് തൊണ്ണൂറ് വയസ്സിൽ അങ്ങനെയുണ്ട് തലയിൽ എഴുത്ത് വയസ്സായാലും നല്ല ബുദ്ധി തോന്നില്ല അപ്പോഴും ഭഗവാനെ ഭജിക്കാൻ തോന്നുന്നില്ല ഞാനും കണ്ടു ഒരു വൃദ്ധനവില് സന്ധ്യാസമയത്ത് ഒരു പുസ്തകം വെച്ചിരിക്കണു ചുറ്റുകൊണ്ട് ഭാഗവതമാണോ ഗീതയാണോ എന്താ പഠിക്കണത് ഉണക്കാൻ തോന്നി നോക്കിയപ്പോണ്ട ഹൗ ഡ്രൈവ് എ കാർ വയസ് എൺപത്തി അഞ്ച് പ്രയോജനം അപ്പൊ അപ്പൊ ഇതുപോലെ ബുദ്ധി വരില്ല എന്നാണ് അവ ആചാര്യസ്വാമികൾ കണ്ടു വയസ്സുകാലത്ത് ഇങ്ങനെ വ്യാകരണം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു യമൻ ഇത് കണ്ടാ പഠിക്കോ ഡുക്രിഞ്ഞുകരണ എന്ന് പറഞ്ഞാൽ യമം പഠിക്കോ വ്യാകരം പഠിക്കണം എപ്പ പഠിക്കണം പത്ത് വയസ്സിന് മുമ്പ് പഠിക്കണം അപ്പൊ ഭാഷ ശുദ്ധമായിരുന്നു ഇത് ജീവിതം മുഴുവൻ അബദ്ധം പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോ വയസ്സുകാലത്ത് വ്യാകരണം പഠിച്ചത് എന്താ കാര്യം അപ്പൊ ആചാര്യസ്വാമികൾ പറഞ്ഞു ഇനി എന്തുണ്ട് ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ സംഹിത്തെ കാലേ കരണേ സംപ്രാപ്തേ സന്നിഹിത്തെ അടുത്ത് വന്നെത്തിയിരിക്കുന്നു യമൻ അടുത്ത് വന്നെത്തിയിരിക്കുന്നു സന്നിഹിത്തെ കാലേ നഹി നഹിരക്ഷത്തി തന്നെ രക്ഷിക്കില്ല ഈ വ്യാകരണമൊന്നും തന്നെ രക്ഷിക്കില്ല परमे बालस्तावक्ता वृद्धस्ताविता बालन आलू यौवन लोक विषय परस्पर कामचु എന്നാ വൃദ്ധനായ നല്ല ബുദ്ധി തോന്നുവോ ചിന്താസക്ത കഴിഞ്ഞുപോയതിനോ ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കും തനിക്ക് പ്രമോഷൻ കിട്ടിയതും തനിക്ക് ജോലി കിട്ടിയതും താൻ ആർക്കൊക്കെ ജോലി വാങ്ങിച്ചു കൊടുത്തു ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും വൃദ്ധസ്ഥാവിസക്ത അതാണ് പറയണത് പോന്നു അത്ര വടിയുത്തിളൂ അംഗം ഗളിതം ഫലിതം മുണ്ടം ദശനവിഹീനം ജാതം തുണ്ടം വൃദ്ധോയാതിഗൃഹിത്വാദണ്ഡം തഥപിനി ആശാപിണ്ഡം ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ ശരീരത്തിലെ അംഗങ്ങളൊക്കെ ഗളിതം ഒക്കെ ലൂസായി എന്നാണ് അവിടെ ഉള്ള നട്ട് ബോൾട്ട് സ്ക്രൂ ഒക്കെ ലൂസായി തലയിൽ നിന്ന് കാല് വരെ എല്ലാം ദശനവിഹീനം വായിലുള്ള പല്ലുകളൊക്കെ പോയി സെറ്റ് പല്ലു വെച്ചാലും വാസ്തവത്തിലുള്ള പല്ലല്ല നമ്മളെ പോലെ ഏതെങ്കിലും മൃഗങ്ങൾക്ക് പോകണുണ്ടോ കാര്യമായിട്ടൊന്നും കാണാനില്ല അല്ലെ മൃഗങ്ങൾക്ക് തല നരയ്ക്കണതായിട്ടോ മൃഗങ്ങൾക്ക് പല്ലുകൊഴിയണതായിട്ടോ ഒന്നും കാണാനില്ല മനുഷ്യന് മാത്രം ഇതൊക്കെ കാണുന്നത് എന്താന്ന് വെച്ചാൽ യമൻ ഓരോ ലെറ്ററായിട്ട് അയക്കുകയാണ് അത് അടുത്ത വർഷം അടുത്ത വർഷം ഇങ്ങനെ ലെറ്റർ അയക്കണോ നമ്മൾ സെറ്റ് വെച്ചാൽ യമൻ പോകുവോ യമൻ അയച്ച ലെറ്റർ അയച്ചു യമൻ ഓരോ ലെറ്ററായിട്ട് അയക്കുകയാണ് ഒന്നും രക്ഷയില്ല അപ്പോ അങ്കം ഗളിതം പലിതം പലിതം എന്ന് വെച്ചാൽ തലയൊക്കെ നരച്ചു ഓരോന്നായും നരക്കും എത്ര കറുപ്പ് നരക്കും അടിച്ചടിച്ച ഇവിടെ ഒരു രോമം അപ്പൊ അതിൽ കറുപ്പ് പിന്നെ അത് ഇവിടെ ഒരു രോമം അതിൽ കറുപ്പ് കണ്ണാടി നോക്കി ആദ്യം ഓരോ രോമമായിട്ട് എടുത്ത് അടിക്കും പിന്നെ അത് കഴിഞ്ഞാൽ കുറേയായിട്ട് തേച്ചടിക്കാൻ അടിക്കാനൊരു സുഖമുണ്ട് ഒരു ഭാഗം മാത്രമായിട്ട് നരച്ചു കുറച്ചു കഴിഞ്ഞപ്പോ അടിക്കാന്ന് പറഞ്ഞ് ബ്രഷ് എടുത്താൽ അവിടെ ക്ലീൻ ആയിട്ട് ഒന്നുമില്ല അപ്പൊ എവിടെ അടിക്കും ഫലിതം മുണ്ടം കഷണ്ടിയായി അതിനൊക്കെ ഒരു ഭംഗിയുണ്ട് അതൊന്നും തെറ്റില്ല ഭക്തിയോടെ ഇരുന്ന് വാർദ്ധക്യാവും തോറും സൗന്ദര്യവും കൂടിക്കൂടി വരും അത്ര വാൽമീകി രാമായണത്തില് ശൂർപ്പണക സുന്ദരിയായി വേഷം കെട്ടി വന്നു ഭഗവാൻ ചിരിച്ചണ്ടിട്ട് നേരെ മറിച്ച് ഒരാളെ കണ്ടിട്ട് രാമൻ ഒരു സ്ത്രീയെ കണ്ടിട്ട് രാമൻ പറഞ്ഞു എന്ത് അഴക അരേ അറിയോ ശബരി ആ മുത്തശ്ശി വായിൽ പല്ലില്ലാത്ത മുത്തശ്ശി ഇങ്ങനെ തലയാട്ടിക്കൊണ്ട് നിൽക്കുമ്പോ ആ സൗന്ദര്യം കണ്ടിട്ട് രാമചന്ദ്രൻ ലക്ഷ്മണനോട് പറയൂ എന്തൊരു അഴകെന്നാണ് പഴുത്ത പഴം അപ്പൊ അതാത്രേ സൗന്ദര്യം ഒരു എൺപത് വയസ്സിന് മേലെ ഒരു അഴക് വരണം ഒരു സൗന്ദര്യം വരണം അത് ഭക്തിയുടെ സൗന്ദര്യം അതെങ്ങനെ ജീവിതം മുഴുവൻ ഭക്തി ചെയ്ത് ഭക്തി ചെയ്ത് ഭക്തി ചെയ്ത് നിക്കുമ്പോൾ വാർദ്ധക്യദശയിൽ ഒരു സൗന്ദര്യം അപ്പൊ പല്ലുപോയാലും തല കഷണ്ടിയായാലും തോലൊക്കെ ചുരുങ്ങിയാലും അതൊക്കെ സൗന്ദര്യത്തിനെ കൂട്ടും അവിടെ നമ്മൾ വേറെ ഏച്ചു കൂട്ടിയാൽ അത് മുഴച്ചു നിക്കും ഏച്ചു കൂട്ടിയാൽ മുഴച്ചു നിക്കും അപ്പൊ അംഗം ഗളിതം തദപിനുഞ്ചതി ആശാപിണ്ഡം ആശയാവുന്ന പിണ്ഠം പോണില്ല താക്കോലപ്പോഴും എടുപ്പിൽ തന്നെ അപ്പോ പ്രഹ്ലാദം പറഞ്ഞു കുട്ടികളെ ഇങ്ങനെ ഭഗവാനെ നഷ്ടപ്പെടുത്തി കളയരുത് മനുഷ്യ ശരീരം കിട്ടിയിരിക്കണം ഭജിക്കണം ഭഗവത് ഭജനം ചെയ്യണം എപ്പ ഭജനം ചെയ്യണം കുട്ടികാലം മുതൽ തുടങ്ങണം കൗമാരേജ്ഞാഹം ധർമാൻ ഭാഗവതാനിഹ ുർലഭം മാനുഷം ജന്മാതി അധ്രുവമർതം കൗമാര ആചരേ പ്രാജ്ഞ അറിവുള്ളവനാണെങ്കിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോ തുടങ്ങും പല്ലു മുളയ്ക്കുന്നതിന് മുമ്പ് കുട്ടിക്ക് ഹരിതാമം ചൊല്ലി കൊടുക്കണം അപ്പൊ പല്ലു പോയാലും ചൊല്ലും മുളച്ച പല്ലു പോകുമ്പോഴും ചൊല്ലും കുട്ടിക്ക് കൊച്ചുകുട്ടിയായി കയ്യിലിരിക്കുമ്പോൾ മുതൽ ഭഗവത് നാമം ചൊല്ലാനായി നാമം ജപിക്കാനായി സങ്കീർത്തനം ചെയ്യാനായി കീർത്തനം ചെയ്യാനായി കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കയ്യില് താളം ഇട്ട് നാമം ചൊല്ലാൻ പഠിപ്പിച്ചാൽ ഭജിക്കാൻ പഠിപ്പിച്ചാൽ ജപിക്കാൻ പഠിപ്പിച്ചാൽ കഥകളൊക്കെ പറഞ്ഞുകൊടുത്താൽ വാർദ്ധയ്ക്കും ഒരു ശൈശവം ആ സമയത്തും ഇതിലൊരു രുചി ഏർപ്പെടുന്നു അപ്പോ കൗമാര ആചര പ്രജ്ഞരനായിരിക്കുമ്പോ അറിവുള്ളവര് ആചരേത് ഭക്തിയെ ആചരിക്കണം ഭഗവത് ഭക്തിയെ ആചരിക്കണം ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മനുഷ്യം ജന്മ മനുഷ്യജന്മം എന്നുള്ളത് വളരെ വളരെ വളരെ ദുർലഭം എത്രയോ ദുർലഭം ഈ മനുഷ്യ ശരീരം അതുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ ഈ ശരീരത്തിന് സാധിക്കും അതാണ് ദൗർലഭ്യമേ അല്ലാതെ മനുഷ്യ ശരീരത്തിന് എന്ത് ദൗർലഭ്യം ഭജനം സാധിക്കും മനുഷ്യ ശരീരങ്ങൾ ദുർലഭം മാനുഷം ജന്മം അർത്ഥതം അത് ശരിക്കുപയോഗിച്ചാലോ ഭഗവാനെ ഈ ജന്മത്തിലെ പിടിക്കാം ഭക്തി എന്നൊരു വല ആ വലയെടുത്തോണ്ട് നടക്കണം ഈ ഈശ്വരനാവുന്ന രാജഹംസം ഇങ്ങനെ എവിടെയോ പറന്ന് നടക്കണോ അതിനെ പിടിക്കണം ഒന്നിൽ നമ്മളുടെ വലയിൽ അവൻ കൊടുക്കണം അല്ലെങ്കിൽ അവന്റെ വലയിൽ നമ്മൾ കൊടുക്കണം രണ്ടായാലും രക്ഷപ്പെട്ടു അർത്ഥതം അധ്രുവം ശരീരമോ അധിക കാലം നിക്കില്ല നിൽക്കുമ്പോ പ്രയോജനപ്പെടുത്തിക്കൊള്ളാം പ്രഹ്ലാദം പറയണു ഒരു മനുഷ്യന് നൂറു വർഷം എത്ര പേര് നൂറു വർഷം ജീവിക്കുന്നു അങ്ങനെ നൂറ് വർഷം ജീവിച്ചാൽ അതിലൊരു പകുതി ഒരമ്പത് വർഷത്തോളം ഉറങ്ങിട്ട് പോകും എന്നുവെച്ചാൽ രാത്രി പത്ത് മണിക്കൂർ ഉറക്കം കുട്ടിക്കാലത്ത് മുതൽ കുട്ടിക്കാലത്ത് ഏകദേശം ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ ധാരാളം ഉറങ്ങും മാക്സിമം സമയം ഉറങ്ങിയേ കഴിയും ഗർഭത്തിലിരിക്കുമ്പോൾ ഉള്ള സമയം മുഴുവൻ ഉറങ്ങും പുറത്തു വന്നു കഴിഞ്ഞാലും പതിനെട്ട് മണിക്കൂർ പത്തൊമ്പത് മണിക്കൂർ ഉറങ്ങും പിന്നെ വലുതായി കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പതുക്കെ ഉറക്കം കുറഞ്ഞു വരും ഒരു എട്ട് മണിക്കൂറിലൊക്കെ വന്ന് നിൽക്കും അതും പലരും ഉറങ്ങിക്കൊണ്ടേ തന്നെ ആയിരിക്കണം രാത്രി ഒരു പത്ത് മണിക്കൂർ ഉറങ്ങും ഉറങ്ങി എഴുന്നേറ്റാൽ ആ ഉറക്കത്തിന്റെ ക്ഷീണം പോകാനായിട്ട് പിന്നെയും ഉറങ്ങും എന്നിട്ട് പകൽ സമയത്ത് കിട്ടിയോ സത്സംഗത്തിൽ വന്നിരുന്നു ഉറങ്ങും ഓഫീസിൽ പോയിരുന്നു ഉറങ്ങും ആരോ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസിൽ ഫോർവേഡും ബാക്ക് വേർഡും രണ്ടുപേരുണ്ട് കാസ്റ്റല്ല മുമ്പിലേക്ക് കിടന്നുറങ്ങണവരും ബാക്കിലേക്ക് ചടങ്ങുറങ്ങണവരും അങ്ങനെ ഉറങ്ങണവരുണ്ട് എല്ലാവിധത്തിലും ഉറക്കം ഇങ്ങനെ ജീവിതം എന്ന് പറയണതേ ഒരു വിടാത്ത നിദ്ര ഇതേ ഒരു ഉറക്കമാണ് നമ്മളുടെ ഈ ജന്മത്തിന് പുറകിലെ ഒരു ഉറക്കമുണ്ട് ബ്രഹ്മത്തിനെ മറക്കുക എന്ന് പറയുന്നത് ഒരു ഉറക്കം ഒരു നിദ്ര സ്വരൂപത്തിനെ മറക്കൽ ബ്രഹ്മത്തിനെ മറക്കുക എന്നുള്ള ഒരു വലിയ ഉറക്കം നമ്മളുടെ ജന്മത്തിന് പുറകിലുണ്ട് ആ ഒരു ഉറക്കത്തിലാണ് ജനിക്കുന്നത് തന്നെ ഈ ജീവൻ എപ്പോഴാ എഴുന്നേക്കാൻ പോണറിയില്ല അനാദി മായയാ സുപ്ത യഥാ ജീവ പ്രബുദ്ധ്യത അജമനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത തഥാ അനാദിമായോ കൊണ്ട് അനാദി കാലം ഈ മായ എപ്പത്തുടങ്ങിന്ന് അറിയില്ല അപ്പം മുതൽ ഉറങ്ങാൻ തുടങ്ങിയതാണ് ഈ ജീവൻ എന്നോ സദ്ഗുരുവാകുന്ന സിംഹം വന്ന് ഗർജിക്കുമ്പോൾ എഴുന്നേക്കും അങ്ങനെ എഴുന്നേക്കുമ്പോ അജമനിദ്രം ജനന ബ്രഹ്മമാണ് ഞാൻ എന്ന് ഉണരും അപ്പൊ അതുവേര് ഉറങ്ങിയേ കാലം പോകും കിട്ടുന്നത് കുറച്ച് സമയം ആ കിട്ടുന്ന സമയത്തിനെ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം കിട്ടുന്ന സമയത്തിനെ പ്രയോജനപ്പെടുത്തി എന്തു വേണം ഹരിഭജനം ചെയ്യണം ഭഗവത് ഭജനം ചെയ്യണം ഭഗവാനെ ഭജിക്കണം ഗുരുവായൂരപ്പൻ ഇവിടെ അടുത്തുണ്ട് ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേ ക്ഷുദ്രദൈവസ്ഫുടേയം ദുർലഭ്യമായിട്ടുള്ള വസ്തു ഇത്ര അടുത്തിരിക്കുമ്പോ എന്തിന് വിഷമിക്കണം എന്തിന് കരയണം എന്തിനു ദുഃഖിക്കണം ഇനി ഗുരുവായൂർ ഗുരുവായൂരപ്പൻ ഇവിടെ ഇരുന്ന് സ്മരിച്ചാലും മതി പോവാൻ പറ്റിയിട്ടില്ലെങ്കിലും ഗുരുവായൂരപ്പനെ ഇങ്ങോട്ട് കൊണ്ടുവരിക നാമസങ്കീർത്ത ഭഗവാന്റെ നാമത്തിനുള്ളിൽ സ്മരിച്ചോളാ നിരന്തരം എഴുന്നേക്കാം വയ്യാത്ത കിടക്കാണെങ്കിൽ നാമം ജപിച്ചോളാം നമുക്ക് കഴിയുന്നവരെ ൊന്നേ വേണ്ടു ഹരിനാരായണായ നമ നാവൊന്നു ഉള്ളത്തോളം ജപിച്ചോളാം ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളു ഒരു പറ്റാത്ത ഒരു ഘട്ടം വന്നാൽ അതുവരെ അങ്ങോട്ട് ജപിച്ചിട്ട് ബാക്കിയുള്ളത് അങ്ങോട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ബാക്കി ഭഗവാൻ നോക്കിക്കൊള്ളൂ അതങ്ങോട് ഭഗവാന് വിട്ടു കൊടുക്കാം ഇത്രയും ജപിച്ചിട്ട് ഇനിയിപ്പോ ബാക്കി പറ്റാത്ത ഘട്ടത്തിൽ നമ്മളെ കൈവിട്ടാൽ ആ ഗുരുവായൂരൊപ്പൊ നമുക്ക് വേണ്ട അങ്ങനെ വിടില്ല അങ്ങനെ ഉപേക്ഷിക്കില്ല അതുകൊണ്ട് ധൈര്യമായിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നത്ര ചെയ്തിട്ട് ശരീരം ഉള്ളത്തോളം ബലമുള്ളത്തോളം ആരോഗ്യമുള്ളത്തോളം സാധിക്കുന്നിടത്തോളം ഭഗവത്ഭചനം ഭാഗവത വൃത്തി അല്ലാതെ കുടുംബ പോഷായ വിയൻ നിജായുഹു നബുദ്ധത അർത്ഥം വിഹതം പറഞ്ഞു ഈ കുടുംബ പോഷണം മാത്രം ജീവിതവ്രതമായി കുടുംബാരാമൻ ആത്മാരാമനാവണ്ട ജീവൻ കുടുംബാരാമൻ എന്തു പറഞ്ഞാലും കുടുംബം പറയും ഭജിച്ചുകൂടെയ്യോ ഞങ്ങളുടെ കുടുംബത്തിൽ സ്വൈരമില്ല സപ്താഹത്തിന് വന്നൂടെ കാലത്തെണീറ്റാ സമയമില്ല വീട്ടില് കുടുംബത്തിന് വേണ്ടിയേ ജീവിച്ച് ജീവിച്ച് അവസാനം വാൽമീകിയോട് ചോദിച്ച പോലെ ഒരു ഘട്ടത്തിൽ ചോദിക്കേണ്ടി വരും രത്നാകരനോട് ഇവർ ആരെങ്കിലും കൂടെ നല്ല സമയത്ത് നോക്കി അവരൊക്കെ കൈവിടും എപ്പോ വേണമോ അപ്പോഴൊക്കെ കൈവിടും ആരും ഒരുവിധത്തിലും ഒരു മേൽപോട്ട് പോണ്ട ജീവനെ സഹായത്തിന് വലിയ തടസ്സത്തിന് വേണമെങ്കിൽ വരും അപ്പൊ എന്ത് വേണം അവരെയൊക്കെ നിർത്തണ്ടടുത്ത് നിർത്തണം ഈശ്വരന് മേലെ ഒന്നിനെയും വെക്കരുത് ജീവിതത്തിന്റെ പരമലക്ഷ്യം ഭഗവത് പ്രാപ്തി അതുകൊണ്ട് ഭഗവാനെ മുഖ്യമായി കരുതിക്കൊണ്ട് ബാക്കിയെല്ലാത്തിനെയും കൈകാര്യം ചെയ്തോളാം എല്ലാം ചെയ്തോളാം അതുകൊണ്ട് ഹേ അസുരാർഭകാഹ അസുരക്കുഞ്ഞുങ്ങളെ ഭഗവാനെ ഭജിക്കണം ഭഗവത്തത്വം അറിയണം വിദ്വാനിത്തം ധനുജാ കുടുംബം പുഷ്ണൻ സ്വലോകായന കല്പദേവൈയപയ വിഭിന്ന ഭാവ തമപ്രപദ്ധ്യേത യഥാവിമൂഢ ഞാൻ വേറെ മറ്റുള്ളവൻ വേറെ അവൻ വേറെ ഇവനെ വേറെ എന്ന് പറഞ്ഞു പറഞ്ഞ് മാ ഇരുട്ടിൽ ചെന്ന് വീഴും ഈ ജീവൻ അതുകൊണ്ട് അസുര കുഞ്ഞുങ്ങളെ വ്യാപിച്ചു നിൽക്കുന്ന ഹരിയെ കണ്ടെത്തി ഭജിക്കണം ഹരി സർവഭൂതങ്ങളിലും വസിക്കുന്നു സർവചരാചരങ്ങളിലും വസിക്കുന്നു എല്ലാവരുടെ ഹൃദയത്തിലും ഹരി വസിക്കുന്നു ആ ഭഗവാൻ വസിക്കുന്നു എന്നറിഞ്ഞ് ഭഗവാനെ വിടാതെ തസ്മാകുരു ആസുരം ഭാവമുന്മുച്ചുഷ്യ അതോക്ഷജാതി അതോക്ഷജ ഭഗവാൻ സന്തോഷിക്കണമെങ്കിൽ എന്താണ് ഭക്തിസാധനയെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞു പ്രഹ്ലാദൻ ഒരേ ഒരു ശ്ലോകത്തില് എന്താണെന്ന് വെച്ചാൽ തസ്മാത് സർവേഷു ഭൂതേഷു സർവഭൂതങ്ങളിലും ഹരി വസിക്കുന്നു അപ്പൊ ഹരിയെ എങ്ങനെ പൂജിക്കും ദയാം കുരു സൗഹൃദം ആർക്കാണോ നമ്മളുടെ ദയാവശ്യം ആർക്കാണോ നമ്മളെ കൊണ്ട് അവർക്ക് സേവ ചെയ്യ അല്ലെങ്കിൽ സമബുദ്ധി സമത്വത്തോടു കൂടി ഉള്ളവരാണെങ്കിൽ അവരോട് സൌഹൃദഭാവത്തോടുകൂടി ഒരു നമസ്കാരം ആസുരഭാവത്തിനെ ഉള്ളെന്ന് വിട്ടുകളഞ്ഞാൽ തുഷ്യതി അധോക്ഷജ ഭഗവാൻ സന്തോഷിക്കും ഇങ്ങനെ ഭക്തി ലളിതമായ ഭക്തിയെ എടുത്തു പറഞ്ഞു നാരദൻ തനിക്ക് ഭാഗവതധർമ്മം ഉപദേശിച്ചതൊക്കെ എടുത്തു പറഞ്ഞു അത് നമ്മൾ മുൻപേ കണ്ടു ഇങ്ങനെ കുട്ടി കുച്ചി അവിടെയുള്ള അസുര ഭക്തി തത്വം തത്വം പരമമപി വിജ്ഞാനമിഷത് ഭവത്ഭക്തേതത്വം ഭഗവാന്റെ ഭക്തിയെ ഉപദേശിച്ചു തനിക്കേർപ്പെട്ട അനുഭൂതിയെ തന്റെ കൂടെയുള്ളവർക്കൊക്കെ കൊടുത്തു എല്ലാവരും അറിയട്ടെ എന്ന് പ്രിയതേ അമലയാ ഭക്തിയാ ഭഗവാൻ അമലമായ ശുദ്ധമായ ഭക്തി കൊണ്ട് സന്തോഷിച്ച് നമുക്ക് ആത്മാനുഭവത്തിനെ തരും എന്ന് കുട്ടികളോടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ശണ്ടാമർക്കന്മാരിത് കേട്ടത് അവരയ്യോ ഈ കുട്ടി ഇവിടെ പാഠശാലയിലുള്ള കുട്ടികളൊക്കെ നാമസങ്കീർത്തനം ചെയ്യാൻ തുടങ്ങി എല്ലാവർക്കും ഭക്തിയെക്കുറിച്ച് പറയാൻ തുടങ്ങി ഇവനെ ഇങ്ങനെ വിട്ടാൽ നാളെ നമ്മളും കൂടെ സങ്കീർത്തനം ചെയ്യാൻ തുടങ്ങും ഭജിക്കാൻ തുടങ്ങും അപ്പോ പ്രഹ്ലാദനെ പിടിച്ചുകൊണ്ടുപോയി ഹിരണ്യ കശപുവിന്റെ മുമ്പിൽ കൊണ്ടു ചെന്ന് നിർത്തി സ്വാമി നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ തന്നെ ശരിയാക്കിക്കൊല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾക്കും ഇവന്റെ വലയത്തിൽ പെട്ടുപോകും തോന്നുന്നു ഞങ്ങളും കുറച്ചു കഴിഞ്ഞാൽ ഞങ്ങളും അവിടെ പാഠശാലയില് ഒരു നാരായണീയ സങ്കീർത്തന ട്രസ്റ്റ് തുടങ്ങും സങ്കീർത്തനം തുടങ്ങും ഭജനം തുടങ്ങും സങ്കീർത്തനം തുടങ്ങും ഒന്നും രക്ഷയില്ല അപ്പോ ഇവനേതാ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ള എന്ന് പറഞ്ഞ മുമ്പിൽ ചെന്ന് നിർത്തി പിതാശൃൺവൻ ബാലപ്രകരമഖിലം സ്തുതിപരം ഋഷാന്ധപ്രാഹൈനം കുലഹതക പ്രഹ്ലാദനെ പിടിച്ചു നിർത്തി ഇരണ്യകശിപ്പു അങ്ങോട്ട് നോക്കി നോക്കിക്കൊണ്ട് എവിടുന്നേടാ തന്റെ ബലം ഹേ ദുർവിനീത മന്ദാത്മൻ കുലഭേദകര അധമ എന്തൊക്കെയാണ് വിളിക്കുന്നത് പ്രഹ്ലാദനെ പ്രഹ്ലാദനോ പരമശാന്തമായിട്ട് ശീതളമായിട്ട് തണുത്തു നോക്കണം യാതൊരു വിഷമമില്ല ദേഷ്യമില്ല വെറുപ്പില്ല ഇവന് ടെൻഷൻ ഏറിയേറി വരണു എരുണ്യകൃഷിപ്പ് പറയുന്നു കുലത്തിന് നശിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളവൻ എന്നെ കണ്ടാൽ ഇന്ദ്രാദിദേവന്മാര് പേടിക്കും താൻ ഒരു ഭയമില്ലാതെ എന്റെ മുമ്പിൽ നിൽക്കണമല്ലോ തന്റെ ബലം എവിടുന്നാ തനിക്ക് ആരാ ബലം കുലഹതക കസ്തേ ബലമിതീ എവിടുന്നാണാ ബലം അച്ഛ ഇതുപോലും അറിയില്ലേ എവിടുന്ന് ബലം ബലം ഒരേ ഒരു ബലമേ ഉള്ളൂ അങ്ങക്ക് ബലമില്ല എനിക്ക് ബലമില്ല ലോകത്തിലാർക്കും ബലമില്ല എല്ലാവർക്കും യോ അന്ത പ്രവിശ്യ ആരു പ്രവേശിച്ച് ബലം കൊടുക്കണോ അവനാണ് ബലം അല്ലാതെ വേറെ ആർക്കും ആരും ബലമില്ല ബലമേ വൈകുണ്ഠ തവ ച ജഗതാം സബലം സൈലോക്യം സകലം ഇതി ധീരോയം അഗതീത് അച്ഛ എനിക്ക് ബലം ആരാണ് എന്ന് അങ്ങ് ചോദിച്ചുവല്ലോ ഈ മൂന്ന് ലോകത്തിനും ബലം ഭഗവാൻ തന്നെ സയേവത്രൈലോക്യം സകലം ഈ മൂന്ന് ലോകങ്ങളും ആ വിഷ്ണു തന്നെയാണ് ആ വൈകുണ്ഠപ്രഭു ജഗത്ത് മുഴുവൻ ആ ഭഗവാന്റെ സ്വരൂപം ആ ഭഗവാനല്ലാതെ ഇവിടെ ഒന്നുമില്ല എല്ലാവരുടെ ഉള്ളിലും പ്രവേശിച്ച് എല്ലാവർക്കും ബലം കൊടുത്തുകൊണ്ട് അന്യാംശഹസ്തരണശ്രവണത്വാദീൻ പ്രാണാന് നമോ ഭഗവതേ പുരുഷായം എല്ലാവരുടെ ശരീരത്തിലും പ്രാണൻ അപാനൻ ശ്വാസോച്ഛ്വാസം നടക്കാനും കൈകാലുകൾ അനക്കാനും ചിത്തം ചലിക്കാനും ബുദ്ധി പ്രവർത്തിക്കാനും കണ്ണു കാണാനും ചെവി കേൾക്കാനും എല്ലാത്തിനും മൂലകാരണമായി ആത്മാവായി വസിക്കുന്ന ആ വിഷ്ണു എനിക്കും അവിടത്തേക്കും ഈ ജഗത്തിനും മുഴുവനും ബലം അവനാണ് ബലം എന്നറിഞ്ഞാൽ ബലം ക്ഷയിക്കുകയില്ല അവനാണ് ബലം എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ എത്ര തപസ്സുകൊണ്ട് ബലം സമ്പാദിച്ചാലും തപസ് ക്ഷയിക്കുമ്പോ ബലം ക്ഷയിക്കും യോഗം ക്ഷയിക്കുമ്പോൾ ബലം ക്ഷയിക്കും ധ്യാനം വിട്ടുപോകുമ്പോൾ ബലം പോകും എന്താണെന്ന് വെച്ചാൽ ബലം എന്റെ ഞാൻ ആർജിച്ചതാണെന്നും വിചാരിക്കണത് അത് ക്ഷയിച്ച് ക്ഷയിച്ചു പോകും ലം എന്റെ അല്ല ഞാൻ ആർജിച്ചതുമല്ല ജഗത്തിനു മുഴുവൻ ഒരേ ഒരു ബലമേ ഉള്ളൂ എന്നറിഞ്ഞാൽ അവ്യയം എന്ന് വെച്ചാൽ ആ ബലം വ്യയമാവുകേയില്ല ആ ശക്തി ക്ഷയിച്ചു പോവുകയല്ല ആ ശക്തി ഒഴുകിക്കൊണ്ടേയിരിക്കും ആ ശക്തി ഒരേ ശക്തിയെ ഉള്ളു ജഗത്തിന് മുഴുവൻ ആ ശക്തി ഈ ശക്തി പല പേര് പറഞ്ഞ് വേർപിരിക്കേ വേണ്ട ഒരേ ഒരു ശക്തി ജഗതീശ്വരൻ ആ ജഗതീശ്വരൻ സർവ്വപേരുടെ ഉള്ളിലെ സർവസ്ഥനും മൂലമായിട്ടിരിക്കുന്നു ആ ശക്തിക്ക് ക്ഷയമേ ഇല്ല അതാണ് യോഗത്തിനും ജ്ഞാനത്തിനും ഒരു വ്യത്യാസം യോഗത്തിൽ എന്തു വിചാരിക്കുന്നു യോഗസാധനകൾ കൊണ്ട് ശക്തി സമ്പാദിക്കണം എന്ന് വിചാരിക്കണം അതൊരു ഭ്രമം അങ്ങനെ സമ്പാദിച്ച് ശക്തിയെ വെച്ചുകൊണ്ടിരുന്നാൽ ഇവരുടെ യോഗസാധനക്ക് എത്ര ബലമുണ്ടോ അത്ര കണ്ട് ശക്തി യോഗസാധനയുടെ ബലം ക്ഷയിക്കുമ്പോ ശക്തി ക്ഷയിച്ചു പോകും എന്നാൽ ജ്ഞാനസാധനയില് അറിവുള്ളവൻ എന്ത് ചെയ്യണു ഞാനേ ഇല്ല ജഗത്തിനെ മുഴുവൻ പരിപാലിക്കണു ഒരു ശക്തിയേ ഉള്ളൂ യോഗസാധന കൊണ്ട് സമ്പാദിച്ച ശക്തി ദുർവാസാവിന് നഷ്ടപ്പെട്ടു പോകും അംബരീഷന് ഭക്തിസാധന കൊണ്ട് അടങ്ങിപ്പോയത് കൊണ്ട് ശരണാഗതി ചെയ്തത് കൊണ്ട് തനിക്കെന്ന് പറഞ്ഞൊരു ശക്തിയില്ല പക്ഷെ ജഗത്തിന്റെ ശക്തി എപ്പൊ വേണമെങ്കിൽ തനിക്ക് വേണ്ടപ്പോഴൊക്കെ വന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിട്ട് നിൽക്കണം അപ്പൊ താൻ കയ്യിൽ ശക്തിയെ വെക്കേണ്ട ആവശ്യമില്ല ശക്തിക്ക് ശരണാഗതി പ്രഹ്ലാദം ഇപ്പൊ ശക്തിയൊന്നുമില്ല പ്രഹ്ലാദൻ ഹിരണി പോലെ കട്ടോരമായിട്ട് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തില്ല വരം വാങ്ങിച്ചില്ല യാതൊന്നുമില്ല ഹിരണ്യകശിപു സകലവിധത്തിൽ തപസ് ചെയ്തു വരം വാങ്ങിച്ചു ശക്തിയൊക്കെ കയ്യിൽ വെച്ചിട്ടും ഒരു ശക്തിയുമില്ലാതെ പ്രപഞ്ച ശക്തിക്ക് ശരണാഗതി ചെയ്ത് നിൽക്കുന്ന കുട്ടിയുടെ മുമ്പിൽ പേടിച്ചു ഇന്ദ്രാദികളെ തന്റെ ശക്തി കൊണ്ട് പേടിപ്പിച്ച ഹിരണ്യകശിപു തനിക്കായിട്ട് ഒരു ശക്തിയും ഇല്ലാതെ ശക്തിയെ മാത്രം ആശ്രയിച്ചു നിൽക്കുന്ന ഒരു കൊച്ചുകുട്ടിയുടെ മുമ്പിൽ ശങ്കാവിഷ്ട ഭയതുപോയി പേടിച്ചുപോയി മേടിച്ചുപോയ ഹിരണ്യകശു ചോദിക്കാണ് എവിടെ എന്റെ ശക്തി ബലമേ വൈകുണ്ഠാ അങ്ങയുടെ ബലം എന്റെ ബലം ഈ ജഗത്തിന്റെ ബലം എല്ലാമേ വൈകുണ്ഠ സേവ ത്രൈലോക്യം സകലം അവൻ തന്നെയാണ് ഈ ത്രിലോകങ്ങളും ഇതി ധീരോയഗതി ധീരനായി പറഞ്ഞു ജഗത്ത് മുഴുവൻ നാരായണൻ യാതൊന്നു കാണതത്തു നാരായണ പ്രതിമ യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ യാതൊന്നു ജൈവതതു നാരായണാർച്ചനകൾ യാതൊന്നിതൊക്കെ ഹരിനാരായണായനമ രണ്യകശു കോപം കൊണ്ട് പറച്ചു എവിടെയടാ നാരായണൻ എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ എവിടെ അരേ ക്വാസൗ ക്വാസൗ സകല ജഗദാത്മാ ഹരിതീ സ്തംഭം ചലിതകരവാളോ ദിതിസുത അരേ വാസോ ക്വാസോ സകല ജഗദാത്മാ ഹരി എവിടെ ഹരി അരെ എടോന്നാണോ ക്വാസോ സകല ജഗദാത്മാ സകല ജഗത്തിനും ആത്മാവായിട്ടുള്ള ഹരി എവിടെയാളുള്ളത് കല ജഗദാത്മാഹരി ഈ തൂണിലുണ്ടോ ഈ സ്തംഭത്തിലുണ്ടോ കസ്മാൃശ്യത്തെ ദൃശ്യത്തെ ഖലുത്രരിശ്യത്തെ നൃശ്യത്തെ രണ്ടുപേരുടെ വ്യാഖ്യാണു പ്രഹ്ലാദം വരണു ദൃശ്യത്തെ ഖലുത്ര ദൃശ്യത്തെ ഹരിരേവ ദൃശ്യത്തെ നയ്യത് ഹരിയല്ലാതെ വേറെ ഒന്നും കാണാനില്ലല്ലോ ഹരിയെ ഉള്ളു ഹിരണ്യകശിപ്പുവാണെങ്കിൽ പറയണു ഹരിയെ കാണാനില്ല ഹരി ഒഴിച്ചു ബാക്കി കാണപ്പെടണം ഹിരണ്യകശിപ്പുവാണെങ്കിൽ ഹരിയെ കാണില്ല പ്രഹ്ലാദനാണെങ്കിൽ ഹരിയല്ലാതെ ഒന്നും കാണില്ല അതാണ് വ്യത്യാസം രണ്ടുപേരുടെയും ദൃഷ്ടി രണ്ടുപേരും ഒരേ ലോകത്തിനെ തന്നെ കാണുന്നു ദൃഷ്ടിയും ജ്ഞാനമയും കൃത്വ പശ്യേത് ബ്രഹ്മമയം ജഗത്ത് ദൃഷ്ടി അജ്ഞാനമയമാണെങ്കിൽ ജഗത്ത് ജഡം ദൃഷ്ടി ജ്ഞാനമയമാണെങ്കിൽ ജഗത്ത് ചൈതന്യം പ്രഹ്ലാദന് ദൃഷ്ടി ജ്ഞാനമയം എന്ത് സാധനം ചെയ്തു നാരദൻ ഉപദേശിച്ചു കേട്ടു അത്ര ഹിരണ്യകശിപു അനേക സാധനങ്ങൾ ചെയ്തു കഠോര തപസ് ചെയ്തു പക്ഷേ ദൃഷ്ടി അജ്ഞാനമയം ജഡം ഇവിടെ തൂണ് ഇവിടെ തുരുമ്പ് ഇവിടെ മരം ഇവിടെ ആകാശം ഇവിടെ ഭൂമി ഇവിടെ മണ്ണ് ഇത് സ്ത്രീ ഇത് പുരുഷൻ അത് വേറെ ഇത് തോന്നുന്നു അതിന്റെയൊക്കെ ദുഃഖം അന്യമായി അന്യമായി അന്യമായി കണ്ടുകൊണ്ടിരുന്നാൽ മൃത്യോഹോ സമൃത്യുമാപ്പുനോതി ഏഹനാനേവ പശ്യതി എല്ലാം വേറെ വേറെ വേറെ വേറെയും തോന്നും തോറും മരണത്ത് നിന്ന് മരണം മരണത്തിൽ നിന്ന് പോകും എപ്പോഴാണോ സർവവും ഒരേ വസ്തു വിഷ്ണു എന്ന് കാണുന്നുവോ അപ്പൊ മരണവുമില്ല ജനനവുമില്ല ഇവിടെ തന്നെ മൃത്യുവിനെ ജയിച്ചിരിക്കുന്നു മൃത്യുവിനെ ജയിക്കണം എന്ന് ആശപ്പെട്ട ഭേദബുദ്ധി ഉള്ളത് കൊണ്ട് മരിക്കാൻ പോണു മൃത്യുവിനെ ആ ജയിക്കണം ആശപ്പെടുകയേ ചെയ്യാതെ ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം എന്ന് കാണുന്ന പ്രഹ്ലാദനും മൃത്യു കൂട്ടുകാരൻ മരണമില്ല അപ്പൊ പ്രഹ്ലാദൻ ഇവിടെ പറഞ്ഞു പ്രഹ്ലാദൻ സർവത്ര വിഷ്ണു സ്തംഭേ കസ്മാൻ സ്തംഭേ ദൃശ്യത ഖു തൂണിലുണ്ടല്ലോ തൂണിലുണ്ടെന്നല്ല മൂല ജഗത്തിനു മൂന്നിനും മൂല സ്തംഭമാണ് അവൻ അങ്ങനെയുള്ളപ്പോ ഈ സ്തംഭത്തിലുണ്ടോ എന്ന് ചോദിക്കാമോ അവനിലാണ് ഈ ജഗത്തെ നിൽക്കുന്നത് പ്രഭിന്തേ സ്തംഭം ചലിതകരവാളു ദിതിസുതാ അത പശ്ചാവിഷ്ണോനഹി വതിശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസിമാ അവിടെ വന്നപ്പോ പട്ടത്തിരി നിന്ന് ഇരുന്നു വിറച്ചു ഗുരുവായൂരപ്പൻ ശ്രീകോവിലെ നല്ല ഉണ്ണിക്കണ്ണനായിട്ട് കോണകൊടുത്ത് പട്ടുകോണ കൊടുത്ത് കയ്യിൽ വെണ്ണയും കൊടുത്ത് നിർത്തിയിരുന്ന രൂപം ഇപ്പോ ഈ ഭാഗമെത്തി അങ്ങനെ ശ്രീകോവിലേക്ക് നോക്കിയപ്പോ ഭട്ടുതിരി പറഞ്ഞു അടുത്തിരുന്ന് അനിയൻ എഴുതുന്നുണ്ട് അനുഷനോട് പറഞ്ഞു എനിക്ക് പറയാൻ വയ്യ എനിക്കിനി പറയാനുള്ള ധൈര്യം ഇല്ല എന്നാണ് ശ്രീകോവിൽ നോക്കിയപ്പോ പേടിച്ചു എന്നാണ് അത പശ്ചാത്ത വിഷ്ണു സഹസാം ഹേ വിഷ്ണു സർവവ്യാപിൻ ഗുരുവായൂരപ്പ വാദപുരാതീശെന്നൊക്കെ വിളിച്ച ആളിപ്പോ വിഷ്ണു ീശോസ്മി തുണിലും തുറുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെ ഇനി പറയാൻ എനിക്ക് ധൈര്യമില്ല കൃപാത്മൻ ഭഗവാനെ എന്നെ രക്ഷിക്കൂ എന്നാണ് പ്രഹ്ലാദനയല്ല പേടിച്ചു കൃപാത്മൻ വിശ്വാത്മൻ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പ്രഭു പവനപുരവാസിൻ മൃടയമാ എന്നെ രക്ഷിക്കൂ ഭഗവാനെ എനിക്ക് പേടി തോന്നണു ഭഗവാനെ ഏതോ ഒരു രൂപം അവിടെ കൃഷ്ണനെ കാണാനില്ല ഗുരുവായൂരപ്പനെ കാണാനില്ല ഗുരുവായൂരപ്പന്റെ ശാന്തമായ രൂപമില്ല ഭയങ്കരമായ എതോ സത്വം ഭയങ്കരമായ എതോ സത്വം ശ്രീകോവിൽ നിൽക്കുന്നു സത്യം വിജാ നിജവൃത്യഭാഷ്തിഷു അഖിലേഷു ചത്മന അദൃശ്യത അത്യദ്ഭുതൂപമുദ്ധൻ സ്തംഭേ സഭയാം മൃഗം നനുഷം സ്തംഭേ ഘട്ടയതോ ഹിരണ്യകിപ്പോഹ കർണ സമാചൂർണയ ആഘൂർണദണ്ഡകുണ്ഠകുഹരോ ഘോരസ്താദ്രവുവായലൈത്യരാജൃദൂ ഗഭ്യശ്രുതം കമ്പലിതോ ഭോജൂർ വിരാ ദൈത്യ ദിക്ഷു വിസക്ഷുഷി മഹാസംരംഭി സ്തംഭ സഭൂതം നൃഗാത്മകം നധുജകാരം വപുസ്തേ വിഭോകിഭീക്ഷണമേതദ്ധി വിഭ്രാന്തചിത് സുരേ വിസ്ഫൂർജവണോമ വികസദ്വശ്മാ സമാജൃംഭേട്ടയോ ഹിരണ്യകശിപോ സ്തംഭത്തിലേക്ക് തൂണില് കൈകൊണ്ടടിച്ചു അടിച്ചപ്പോ തൂണു പൊട്ടി അതിഘോരമായി ഗർജനം ചെയ്തുകൊണ്ട് ഭഗവാൻ അവിടെ പ്രകാശിച്ചു തന്റെ ഭൃത്യന്റെ വാക്ക് സത്യം ചെയ്യാനായിട്ട് സർവത്ര വ്യാപിച്ചു നിൽക്കുന്ന വസ്തു തൂണിൽ നിന്നും പ്രകാശിച്ചു ഹിരണ്യകശിപോ കർണവും സമാചൂർണയൻ ഹിരണ്യകശിപുവിന്റെ ചെവി തുളച്ചുകയറുന്ന ഗർജനത്തോടുകൂടെ ആഘൂർണ ജഗദണ്ഡകുണ്ഠകുഹരഹോരസ്തവാപൂത്രവഹ സർവത്ര ബ്രഹ്മാണ്ടാവുന്ന മഹാപാത്രത്തിന്റെ ഉൾഭാഗങ്ങളെല്ലാം ഇട്ട് വട്ടന്നിരിക്കുന്ന രീതിയില് അതിനകത്തു മുഴുവൻ കറക്കുന്ന രീതിയില് അതിഭയങ്കരമായ ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് ആഘൂർണ്ണ ജഗദണ്ഡ കുണ്ഠകുഹരഹോരസ്തവാഭൂദ്രവ കേട്ട് രണ്ടുപേര് ഭയപ്പെടാത്ത രണ്ടുപേര് ഭയപ്പെട്ടു ഒന്നാണ് ഒന്ന് ഹിരണ്യകശിപു അവൻ ഭയപ്പെടണം അല്ലെ മനുഷ്യനുമല്ല മൃഗവുമല്ല ഒരു സത്വം അഹോകിമേതൻ നിർമൃഗേന്ദ്ര രൂപം വേറെ ഒരാള് പേടിച്ചു ബ്രഹ്മാവ് താമരയിൽ നിന്നും എഴുന്നേറ്റു എന്താന്ന് വെച്ചാൽ അദ്ദേഹമാണ് വരം കൊടുത്തത് അദ്ദേഹവും പേടിച്ചു ആഘൂർണ്ണ ജഗദണ്ഡകുണ്ടകുഹരോ ഗോരസ്തവ ഭൂദ്രവുവായം കിള ദൈത്യരാജഹൃദയേ പൂർവം കഥപ്യശ്രുതം കമ്പന സമ്പാദലിതോ അംബോജഭൂവിഷ്ടരാത് ഇവിടെ ഭഗവാന്റെ ആ രൂപം എങ്ങനെയുണ്ട് അതിഭയങ്കരമായ നരസിംഹരൂപം തപ്തസ്വർണസവർണ ഘൂർണദതിരൂക്ഷം സടാകേസറ പ്രോത്കമ്പ പ്രകുമ്പിതംബരവഹോ ജിയാത്തവേദം വപു വ്യാതവ്യാപ്തമഹാദരീ സഖമുഖം ഖഡ്ഗോഗ്രവൽഗൻ മഹാജിഹ്വാനുദ്ഗമ ദൃശ്യമാന സുമായുഗോഡാമരം തപ്തസ്വർണ സവർണഘർണ അതിരൂക്ഷാക്ഷം ഉരുക്കിയെടുത്ത സ്വർണത്തിന്റെ നിറമുള്ള തിളങ്ങുന്ന കണ്ണുകള് അത്യുജ്വലമായി തിളങ്ങുന്ന കണ്ണുകള് അങ്ങനെ സിംഹത്തിന്റെ സട അങ്ങനെ കുറഞ്ഞുകൊണ്ട് ഭഗവാൻ ആ സ്തംഭത്ത് പുറത്തുവന്നു സടാകേസര പ്രോത്കമ്പ പ്രണികുംഭിതാംബരം എന്നാണ് ആ സ്കന്ധരോമങ്ങൾ ചിടകെട്ടിയ സ്കന്ധരോമങ്ങള് അങ്ങനെ എഴുന്നുയരവേ ആകാശത്തെ മുച്ചൂടും മൂടിക്കളയുന്ന വായ ആ വായ അങ്ങനെ അങ്ങോട്ട് തുറന്നു നിന്നു വ്യാപ്തവ്യാപ്ത മഹാദരീ സഹമുഖം വലിയ ഗുഹ പോലുള്ള ആ വായ തുറന്ന് വാൾ പോലെ വാളിങ്ങനെ ഇട്ട ചുഴട്ടണ പോലെയുള്ള നാക്കുകള് അതിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ട് വന്നു പുറത്തേക്ക് അങ്ങോട്ട് നീട്ടുന്നു വലിയ ദംഷ്ട്രകള് കയ്യിലുള്ള നഖങ്ങൾ ജിഹ്വാനിർഗമ ദൃശ്യമാന സുമാദംഷ്ട്രായുഗോഡാമരം അങ്ങനെയുള്ള ഭയങ്കരമായ രൂപത്തോടുകൂടെ വന്നു കണ്ടപ്പോ പേടിച്ചു ഒരു ക്ഷണത്തേക്ക് അടുത്ത ക്ഷണത്തേക്ക് ധൈര്യം വന്നു ഇവന്റെ ഉള്ളു മഹാപ്രഭു ഭഗവാന്റെ കാവൽക്കാരനല്ലേ പുറമേക്ക് പേടി അകമേക്ക് ഭക്തി എടുത്ത് ചാടി നൂനം വിഷ്ണുരഹം അയം നിഹന്മ്യമുതി ഇത് വിഷ്ണുവാണ് വധിച്ചു കളയാം എന്ന് കയ്യില് ഗതയുമെടുത്തുകൊണ്ട് ചാടിയ ഹിരണ്യകശിപുവിനെ ഭഗവാൻ അങ്ങോട്ട് പിടിച്ചു ഭ്രാമ്യന്തം ദിതിജാധമം പുനരപി പുരോദ്ഗൃഹ്യ ദോർഭ്യം ജവാത് ദ്വാരോരുയുഗേ നിപത്യനഖരാൻ വിത്ഘാ ക്ഷോ ഭൂമി എടുത്തു മടിയിൽ വെച്ചു അന്റെ ഭക്തനല്ലേ ഒന്നുമല്ലെങ്കിൽ കാവൽക്കാരനാണ് അപ്പൊ മടിയിലാണ് മരണം സന്ധ്യാസമയം പകലല്ല രാത്രിയല്ല വീട്ടിന്റെ ഉള്ളല്ല പുറത്തല്ല ഭഗവാൻ മനുഷ്യനല്ല മൃഗമല്ല ബ്രഹ്മാവസൃഷ്ടിച്ച ജന്തു അല്ല കയ്യിലുള്ള നഖം ആയുധമല്ല ജീവൻ ഉള്ളതും എടുത്തു മടിയിൽ വെച്ചു അകത്തുമല്ല പുറത്തുമല്ല ഇട വെച്ചു നെഞ്ചില് ഒരു ക്ഷണം ഭഗവാൻ മടിയിൽ വെച്ചു ഇവന് ദർശനം ഭയങ്കരമായി ഗർജിച്ചു നെഞ്ചി കീറി വലിച്ചെടുത്തു കുടൽമാലയെടുത്ത് കഴുത്തിലണിഞ്ഞു ഘോരമായി ഗർജിച്ചുകൊണ്ട് കോപം തീരാതെ അസുരസൈന്യത്തിനെയുമൊക്കെ എടുത്ത് വിഴുങ്ങാൻ തുടങ്ങി തക്വാതം ഹതമാശു ലക്തലഹരി സിക്തോന്നമദ്വർഷ്മണി പ്രത്യുത്പത്യ സമസ്ത ദൈത്യപടലീം ചാഘാദ്യമാനേ ത്വയ ഭക്തരക്ഷൻ യഥാ യഥാ ഹി ധർമ്മ ഗ്ലാനുർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മ തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ഈ ശ്ലോകത്തിന് വ്യാഖ്യാനം ഇവിടെ പരിത്രാണായ സാധൂനാം പ്രഹ്ലാദനെ രക്ഷിക്കണം വിനാശായ ദുഷ്കൃതം അപ്പൊ ഈ അസുര സൈന്യത്തിന് എടുത്ത് വിഴുങ്ങാൻ തുടങ്ങി സമുദ്രം കിടന്ന് ഓളം ഭൂമി കുലുങ്ങി സർവചരാചരങ്ങളും ഭയങ്കരമായ ഒരു അവസ്ഥയിലെത്തി നിന്നു ഭഗവാനോ ദേഹം മുഴുവൻ മാംസവും രക്തവും ഇങ്ങനെ ചതറുകിടക്കുകയാണ് താവൻ മാംസവപാ കരാള പപുഷം ഘോരാന്ധ്രമാലാധരം അന്ധ്രമാല കുടൽമാല കഴുത്തലണി ത്വാ മധ്യേ സഭമിദ്ധരോഷമുഷിതം ദുർവാര ദുർവാരവം അഭ്യേതു നശാകം കോരെ സ്ഥിത ഭീരവേഞ്ജവാസവ മുഖാ പ്രത്യേകമസ്തോഷത അടുത്താരും പോവാതെ ദേവന്മാരൊക്കെ ദൂരത്തുനിന്ന് ഭഗവാനെ ഓരോരുത്തരായി ശാന്തമാവാനായിക്കൊണ്ട് ഓരോ ദേവതകളായി ഭഗവാനെ സ്തുതിച്ചു ബ്രഹ്മോപാച നമോസ്വനന്യ ദുരന്തശക്ത വിചിത്രവീര പവിത്രകർമ്മേ വിശ്വസംസർഗസ്തി സംയമാവല സന്ധതത്തെ അവ്യാത്മന ശ്രീരുദ്രൻ സ്തുതിഷ കോപോ യുഗാതത്തെ ഹോയുരൽപ്പക തത്സുതും പാഹി ഉപസൃതം ഭേ ഭവത്സല ഇന്ദ്രൻ സുവിശു പ്ര പരമഭവത ത്രാതഭാഗാ ദൈത്യാകൃദയകളം ത്വഗൃഹം പ്രത്യോധീ കാഗ്രസ്തീമഹോശ്രൂഷതം തേ മുക്തിഷം നി ബഹുമത നാരസിംഹാ ഋഷിളസ്തുതിച്ചു ത്പമമാത്മതേജോ എതമാതിപുരുഷാത്മഗതം സ സർജ തദ്ുപ്തമുന ശ്യപാ രക്ഷാ ഗൃഹീത വപുഷ പുനരന്വമംസ്ഥ പകളസ്തുചു ശാദ്ധാധുഭുജേ പ്രസഭം തനൂജ ദീർത്ഥസമി അവിപത്തിലൂ തോദരാത് നഖ വിതീർണിയ ആക്ഷത് ോ നൃഹരയേ അഖിധർമ്മഗോപത്രേ സിദ്ധന്മാരുതി ചു യോനോ ഗം യോഗ സിദ്ധാമസാധു അഹാർഷീദ്യോഗതർപ്പം നഖൈർ നിർദാര തസ്മൈ തുഭ്യം പ്രണതസ്മോ നൃസിംഹ വിധരന്മാരുതി ചു വിദ്യം പൃഥക്ധാരണയാഷേദോ ബലവീര്യതൃപ്ത സേന സങ്കേ പശുപതാ നൃസിംഹം പ്രണതസ്മ നിഗന്മാരുസ്തുശു ഏന പാപേന രത്നീരത്നൃദ തദ്വ പാടനേനോ ദനമോസ്തു മനുക്കൾസ്തുതിനവോ വയം ദവനി ദിതിജേന ദ പരിഭൂത സേതവല സ ഉപസംഹൃത പ്രഭോ കറവാമത്തെ അനുഷാധി കാരണ പ്രജാപതികളുസ്തുതിചു പ്രജേശാ വയം തേ പരേഷതൃപ്ത പ്രജ വൈ സൃജാമോ നിഷിദ്ധാ സേഷ യാന്നവക്ഷണുശേ ജഗന്മംഗളം സത്വമൂർവാര ഗന്ധർവന്മാരി സ്തുതിചു വയം വിബോധേ നടനാട്യ ഗായക ഏനത്മസാ വീര്യബലു ജീതോഭിമംസ്ശലാ കൽപ്പ ചാരണന്മാരു സ്തുചു ഹരെ തവാഘൃപങ്കജം ഭർഗമശ്രിതേഷധു ഹർച്ചയ ത്വര സമാന്മാരുചു വയമനുചര മുഖ്യ കർമ്മസ്തേ മനോജ്ഞതി സുതേന പ്രാവിതവാഹക ത്വ സു ജന പരിതാപ തത്കൃത ജനതര ഉപനീത പഞ്ചതാ പഞ്ചവിശരുഷന്മാരിസ്തുു വയം കിം പുരുഷ ന് മാപുരുഷ ഈശ്വര യ കുപുരുഷോ നഷ്ടോ ദിഗൃത സാധു വൈദാളിഗന്മാരിസ്തുതിച്ചു സഭാ സത്രേഷശോ ഗീവാ സബരീ മഹതീം ലഭമഹേ യസ്തൈഷീദ്ഭൃശമേശ ദുർജന ദിഷ്ടഹദസ്തേ ഭഗവ ന്നരന്മാരി സ്തുതിച്ചു വയമീശിന്നര ഗണാ തവാനുഗാ ദജയന വൃഷ്ടിമുനുകാരി തരേ സൃജുനോപതി നരസിംഹനഥ വിഭയാോ ഭിഭവാ യോഭവ വിഷ്ണുപാർഷദന്മാര് സ്തുതിഷു അദ്യൈതദ് ഹരിനര ൂപദ്ഭുത ദൃഷ്ടർമാോയ ഈശ വി പ്രശ്ന തസേദിമനുഗ്രഹ വിദ്ത്ര ഗോവിന്ദമ സങ്കീർത്തനം ഭഗവാൻ അതിഗംഭീരൂപിയായി ഇതുവേറെ ആവിർഭവിക്കാത്ത അത്യാശ്ചര്യകരമായി രൂപം ധരിച്ച് ഈ അസുരന്റെ ജടശരീരം മടിയിൽ വെച്ചുകൊണ്ട് സിംഹാസനത്തിൽ കയറിയിരുന്നു ഭഗവാൻ എന്തിനു ഈ സിംഹാസനം എന്ന് വെച്ചാൽ ഈ സിംഹാസനത്തിൽ ഇരുന്നാണ് അനേക അധർമ്മങ്ങളും നടന്നിട്ടുള്ളത് അതുകൊണ്ട് അശുദ്ധമായ സിംഹാസനം നാളെ പ്രഹ്ലാദൻ ഇരിക്കേണ്ടതാണ് അതിൽ അതുകൊണ്ട് ആ സിംഹാസനത്തിൽ സർവേശ്വരൻ കയറിയിരുന്നതിനെ ശുദ്ധം ചെയ്തു കോപം തീരാതെ സർവ്വദേവതകളും പ്രാർത്ഥിച്ചിട്ടും സ്തുതിച്ചിട്ടും ഭഗവാൻ കോപം തീരാതെ अक्षतरोषधं निभवति ഭൂപി അക്ഷതരോഷധം നിഭവതി ബ്രഹ്മജ്ഞാഗേ പ്രഹ്ലാ പദയോ നമു കുണ്ാന്തസ്വകരമസ മൂർധി സമധ സ്ത്രീയോദ്യ ോ പിതപരം ലോകായച്ച അനുഗ്രഹം ഇതിനു മുമ്പ് ഒരു സപ്താഹത്തില് നരസിംഹാവതാര ഘട്ടത്തില് നരസിംഹത്തിന്റെ രൂപം ധരിച്ച് ആള് വേഷം കെട്ടി ആ സമയത്ത് തൂണ് പൊളിച്ച് പുറത്ത് ഗർജിച്ചു കൊണ്ടുവന്നു സദസ്സിലുള്ളവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഒക്കെ പേടിച്ചുപോയി ശരിക്കു വന്നോളു അങ്ങനെ നരസിംഹ രൂപം സദസ്സിലുള്ളവരൊക്കെ പേടിച്ചപ്പോ അദ്ദേഹത്തിന്റെ പേരെ കുട്ടി അറിയണത് കൊണ്ട് മടിയിൽ വേറെ കുട്ടിക്ക് അറിയാം ഇത് മുത്തശ്ശനാണ് അമ്മാവനാണ് അച്ഛനാണ് അവരവർക്ക് കുട്ടികൾക്ക് വേഷം കെട്ടിയാലും കണ്ടുപിടിച്ചത് കൊണ്ട് യാതൊരു ഭയം ഇതാരാണെന്ന് അറിയാത്ത പലരും അവിടുന്ന് പേടിച്ചു അതുപോലെ ഇവിടെ നരസിംഹ രൂപം ഗർജിച്ചു കൊണ്ടിരിക്കണത് കണ്ട് ഭയന്ന് നിക്കുമ്പോ പ്രഹ്ലാദൻ യാതോ ഒരു ഭയം കൂടാതെ മുമ്പിൽ ചെന്ന് പേടിയൊന്നും കൂടാതെ മുമ്പിൽ ചെന്ന് നമസ്കരിച്ചു അങ്ങനെ നമസ്കരിച്ചപ്പോ കാരുണ്യ ഭാരാകുലഹ കാരുണ്യമേ നിറഞ്ഞു നിൽക്കുന്ന രൂപം ആശുതോഷനാണ് നരസിംഹൻ ആ ക്ഷണത്തില് ദോഷം എന്താന്ന് വെച്ചാൽ കാത്തുകൊണ്ടൊന്നും നിന്നില്ല അനേക വർഷങ്ങളൊന്നും എടുത്തില്ല എപ്പോ പറഞ്ഞോ അപ്പൊ വന്നു നരസിംഹാവതാരം സത്യം വിധാദും നിജഭൃത്യഭാഷി അപ്പൊ അങ്ങനെയുള്ള നരസിംഹാവതാരം ഭഗവാന്റെ മുമ്പില് പ്രഹ്ലാദൻ ചെന്ന് നമസ്കരിച്ചതും കാരുണ്യം നിറഞ്ഞു കവിഞ്ഞ പ്രഭു ശാന്തസ്വം കരമസ്യമൂർധിനി സമതാഹ പരമപ്രശാന്തനായി കൈയെടുത്ത് പ്രഹ്ലാദന്റെ ശിരസില് വെച്ചു കരമസ്യമൂർദ്ധ്നി സമതാം അങ്ങനെ ശിരസില് കൈവെച്ചതോടുകൂടെ സപദ്യ അഭിവ്യക്ത പരാത്മദർശനഹ ആ കൈവെച്ചതോടുകൂടെ പ്രഹ്ലാദന് ഹൃദയത്തിൽ നിർവികൽപ്പമായ ബ്രഹ്മാനുഭവമുണ്ടായി പരമാത്മബുദ്ധി തെളിഞ്ഞു ജഗത്ത് മുഴുവൻ ബ്രഹ്മമയം അല്ലെങ്കിലും അറിയാം പക്ഷെ ഭഗവാന്റെ കരസ്പർശമേറ്റതോടുകൂടെ ആ സമയത്ത് തന്നെ സർവചരാചരങ്ങളും ഉജ്ജ്വലമായി സാന്ദ്ര ആനന്ദ അവബോധസ്വരൂപമായി ജ്വലിച്ചു പ്രഹ്ലാദൻ ഭഗവാന്റെ കരസ്പർശമേറ്റതോടുകൂടെ അങ്ങനെ ഇരിക്കുമ്പോ പ്രഹ്ലാദൻ ഭഗവാനെ ശാന്തമാക്കാൻ കൈകൂപ്പി മുമ്പിളിച്ചെന്ന് നിന്നു ബ്രഹ്മാദയസുരഗണാ മുനയോ ത സിദ്ധാ സത്വതാനമനയോ വജസം പ്രവാഹൈ നാരാധിതം പുരുഗുണൈരധുനി പി ഹരിഗ്രജാ മയേ ധനിജന ൂപ്പുതൗജ തേജ പ്രഭാവ ബല പൗരുഷ ബുദ്ധി യോഗാഹാരാധനത്തി ഭഗവാൻ ഗജ യൂത പാ ബ്രഹ്മാദയ സിദ്ധാ ബ്രഹ്മാതികളും ദവതകളും ഒക്കെ സ്തുതിച്ചിട്ടും ശാന്തമാവാത്ത പ്രഭു ഞാൻ ഒരു അസുരജാതി അസുരജാതിയിൽ ജനിച്ച എന്റെ മുമ്പിൽ പ്രഭു ശാന്തനായി ഇതുകൊണ്ട് തെളിയുന്നത് എന്താണ് ഭക്തിയാണ് ഭഗവാന് വേണ്ടത് ലളിതമായ സരളമായ വിനയത്തോടുള്ള പ്രഭുവിനോടുള്ള ഭക്തി കൊണ്ട് പ്രഭു സന്തോഷിക്കണം അങ്ങനെ പ്രഭുവിനെ സന്തോഷിപ്പിച്ചു പ്രഹ്ലാദൻ ശാന്തനാക്കി ഭഗവാൻ പ്രഹ്ലാദനെ എടുത്തു മടിയിൽ വെച്ചു ഭഗവാനെവിടെ കോപം ഏവം നാട്ടിത രൗദ്രചേഷ്ടിത വിഭവ ശ്രീതാപനീയാഭിത ശ്രുത്യന്ത സ്ഫുടഗീത സർവമഹിമൻ അത്യന്ത ശുദ്ധാകൃതി അത്യന്തശുദ്ധാകൃതി ഉപനിഷത്ത് ഗാനം ചെയ്യുന്ന അവതാരം ഉപനിഷത്തുകൾ പാടുന്ന അവതാരം നരസിംഹ പൂർവതാപനീയ ഉപനിഷത്ത് ഉത്തരതാപനീയ ഉപനിഷത്ത് എന്നുള്ള ഉപനിഷത്ത് ആദിശങ്കർ ഭഗവത്പാദര് ഭാഷ്യമെഴുതിയിട്ടുള്ള ഉപനിഷത്ത് അങ്ങനെയുള്ള ഉപനിഷത്ത് ഗാനം ചെയ്യുന്ന അവതാരം അത്യന്തശുദ്ധമായ അവതാരം ശുദ്ധം എന്ന് ബ്രഹ്മചാരികൾ നരസിംഹമന്ത്രം ജപിക്കണം ആത്മജ്ഞാനത്തിനെ ആഗ്രഹിച്ച് ബ്രഹ്മചര്യ ദീക്ഷ എടുത്തവർക്കൊക്കെ നരസിംഹമന്ത്രം ഉപദേശം എല്ലാം കൊണ്ടും ശുദ്ധമായ അവതാരം ആ ജീവനെ ശുദ്ധമാക്കുന്ന അവതാരം കാത്തുരക്ഷിക്കുന്ന അവതാരം വിഷയവാസനയിൽ വീണുപോവാത്ത അവതാരം ബ്രഹ്മവിദ്യയെ സമ്പാദിക്കാൻ ശക്തി കൊടുക്കുന്ന മന്ത്രം അങ്ങനെയുള്ള നരസിംഹമൂർത്തി പ്രഹ്ലാദനെ എടുത്തും അടിയിൽ വെച്ചു ഒരു പട്ടാഭിഷേകം ചെയ്യണം ആര് പട്ടാഭിഷേകം ചെയ്യും ഭഗവാനെ പട്ടാഭിഷേകം രാജാവിന് സിംഹാസനം വേണം സിംഹാസനം ഭഗവാന്റെ മടി ഏത് രാജ്യത്തിന് പരിപാലനം ഭക്തരാജ്യത്തിന് ചക്രവർത്തി ഭക്തന്മാരുടെ രാജ്യത്തിന് ചക്രവർത്തി ആ ചക്രവർത്തിക്ക് ശിരസില് ഒരു ഭക്തി ലോകത്തിന് പറ്റിയ രീതിയിൽ ഒരു കിരീടം വേണം ഭഗവാന്റെ ഹസ്തമാവുന്ന കിരീടം പ്രഹ്ലാദന്റെ ശിരസില് അങ്ങനെയുള്ള രാജാവിനെ ചക്രവർത്തിയായി പട്ടാഭിഷേകം ചെയ്യണ സമയത്ത് സിന്ധു ജലം അഭിഷേകം ചെയ്യണം ഇവിടെ ഏത് ജലം കൊണ്ട് അഭിഷേകം ഭഗവാന്റെ കണ്ണിന്ന് വീഴുന്ന ആനന്ദാശ്വര കൊണ്ട് അഭിഷേകം അങ്ങനെ തന്റെ മടിയാവുന്ന സിംഹാസനത്തിൽ വെച്ച് തന്റെ കരമാവുന്ന കിരീടം പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ച് ആനന്ദാശ്വര കൊണ്ടു പ്രഹ്ലാദന്റെ ശിരസ് ഭഗവാൻ അഭിഷേകം ചെയ്തു പ്രഹ്ലാദപ്രിയ ഹേ മരുത്പുരപതേ സർവാമയാത്മാഹിനം പ്രഹ്ലാദപ്രിയനായിട്ടുള്ള ആ നരസിംഹമൂർത്തി പ്രഹ്ലാദനെ അനുഗ്രഹിച്ചു എന്തു വരം വേണം പ്രഹ്ലാദം പറഞ്ഞു എനിക്കെന്തു വരം വരം വേണം എന്നുള്ള ആഗ്രഹമേ വരാതിരിക്കട്ടെ കാമാനാം ഹൃദ്യ അസംരോഹ ഹൃദയത്തിൽ ഒരാശയും പൊന്താതിരിക്കാനുള്ള വരം തരു പ്രഭു എന്ന് പറഞ്ഞു ഭഗവാൻ പ്രഹ്ലാദനെ ആശീർവദിച്ചു പരിപൂർണമായി ആശീർവദിച്ച് ഇരുപത്തൊന്ന് തലമുറ ശുദ്ധമായി എന്ന് ആശീർവദിച്ച് ഹിരണ്യകശിപുവിനും പ്രഹ്ലാദൻ മുഖേന ആശീർവാദം എല്ലാവിധത്തിലും ആശീർവദിച്ച് ഭഗവാൻ തിരോധാനം ചെയ്തു അവിടെ തന്നെ ത്രിപുരദഹനം കഥയും ചുരുക്കി പറഞ്ഞു അത് നമുക്ക് നാരായണീയത്തിൽ ഇവിടെ പറയണില്ല അങ്ങനെ നരസിംഹാവതാരം നരസിംഹമൂർത്തിയെ ഹൃദയത്തിൽ വെച്ചുകൊണ്ട് ഇന്ന് നമുക്ക് പെരിയാം നാളെ ഒമ്പത് മണിക്ക് ആരംഭം ശ്രീമത് പയോനിധിനികേതന ചക്രപാണേ ഭോഗീന്ദ്രഭോഗമണിരഞ്ജിത പുണ്യമൂർത്തേ യോഗീശാശ്വത ശരണ്യഭവാബ് ലക്ഷ്മീ നൃസിംഹ മമതേ കരാവലംബോവിമ സങ്കീർത്തന സത്യ ജ്ഞാനമന്ത്മക പരമാകാശം ഗോഷപ്രാങ്കണരിഗണലോലമസം പരമായാസം ുവനാരം ക്ഷമാനമനം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം govindam paramanandam govindam paramanandam പരമാനന്ദം govindam paramanandam ത്രൈവിഷ്ടപരിപുവീരഘ്നം ശിതിഭാരഘ്നംഘ്നം കൈവലം നവനീത ഹാരമുഹ്യസ്ഫുടേതോ വൃത്തിവിശേഷഭാസമന ഭസം ശൈവം കെയലശാത്തം ണമത ഗോവിന്ദം പരമാനന്ദോവി പരമാനന്ദം ഭജ ഗോവിരമാനന്ദം ഭജ ഗോവിം പരമാനന്ദം കാണമാതിമി കാലഘനം ീഗത കാളിയശിരസി സുനൃത്യം മുഹുരന്ത കാളം കാതീതം കലിതാശേഷം കലിദോഷഘ്നം കാളത്രയതിഹേതു പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദം പരമാനന്ദം േദാത്തഗോചരം തമഗോ ഗോവിം സദ്ഗുരുണതസ്മ്യഹം കാ മനസേന്ദ്രിർവ വിത്മനേത്